കാറ്റുകളെ അയക്കുകയും അവ മേഘങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നവൻ അള്ളാഹുസുബാനുഹൂവച്ചാലായയാണ് പിന്നീട് ഞങ്ങളതിനെ ജീവനില്ലാത്തൊരു നാട്ടിലേക്ക് നയിക്കുകയും അതുവഴി മരിച്ചതിനുശേഷം ആ ഭൂമിയെ ഞങ്ങൾ ജീവിപ്പിക്കുകയും ചെയ്തു പുനരുത്ഥാനം അപ്രകാരമായിരിക്കും